െട്ട് മക്കയിൽ അവതരിച്ചത് ഒന്നാം വചനത്തിന്റെ പ്രാരംഭത്തിലെ അക്ഷരത്തിന്റെ പേരിൽ ഈ അദ്ധ്യായം അറിയപ്പെടുകയാണുണ്ടായത് ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഖുർആാൻ തന്നെ സത്യം എന്നാൽ സത്യനിഷേധികൾ ദുരഭിമാനത്തിലും കക്ഷിമാത്സര്യത്തിലുമാകുന്നു അവർക്കു മുമ്പ് എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചു അപ്പോൾ അവർ മുറവിളി എന്നാൽ അത് രക്ഷപ്രാപിക്കാനുള്ള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 ആത് സമുദായവും ആണികളുറപ്പിച്ചിരുന്ന ഫിർനും നിഷേധിച്ചു തള്ളിയിട്ടുണ്ട് സമൂത് സമുദായവും ലൂത്തിന്റെ ജനതയും മരക്കൂട്ടങ്ങളിൽ വസിച്ചിരുന്നവരും സത്യത്തെ നിഷേധിച്ചു തള്ളിയിട്ടുണ്ട് അക്കൂട്ടരത്രെ സത്യത്തിനെതിരിൽ അണിനിരന്ന കക്ഷികൾ ഇവരാരും തന്നെ ദൂതന്മാരെ നിഷേധിച്ചു കളയാതിരുന്നിട്ടില്ല അങ്ങനെ എന്റെ ശിക്ഷ അവരിൽ അനിവാര്യമായി തീർന്നു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 സന്ധ്യാസമയത്തും സൂര്യോദയ സമയത്തും സ്ത്രോത്ര കീർത്തനം നടത്തുന്ന നിലയിൽ നാം പർവ്വതങ്ങളെ അദ്ദേഹത്തോടൊപ്പം കീഴ്പ്പെടുത്തുക തന്നെ ചെയ്തു ശേഖരിക്കപ്പെട്ട നിലയിൽ പറവകളെയും നാം കീഴ്പ്പെടുത്തി എല്ലാം തന്നെ അദ്ദേഹത്തിങ്കിലേക്ക് <ne> va ം വിനയത്തോടെ തിരിഞ്ഞവയായിരുന്നു അദ്ദേഹത്തിന്റെ ആധിപത്യം നാം സുശക്തമാക്കുകയും അദ്ദേഹത്തിന് നാം തത്വജ്ഞാനവും തീർപ്പുകൽപ്പിക്കുവാൻ വേണ്ട സംസാരവൈഭവവും നൽകുകയും ചെയ്തു വഴക്കുകൂടുന്ന കക്ഷികൾ പ്രാർത്ഥനാ മണ്ഡപത്തിന്റെ മതിൽ കയറി ചെന്ന സമയത്തെ വർത്തമാനം നിനക്ക് ലഭിച്ചിട്ടുണ്ടോ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 قال لقد ظلمك من سؤال نعاجتك الى نعاجه وان كثيرًا من الخلطاء الى يبغي بعضهم على بعض الا الذين امنوا الا الذين امنوا وعملوا الصالحات وقليل ما هم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 അപ്പോൾ അദ്ദേഹത്തിന് നാം അത് പൊറത്തുകൊടുത്തു കൊടുത്തു തീർച്ചയായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ സാമീപ്യവും മടങ്ങിവരാൻ ഉത്തമമായ സ്ഥാനവുമുണ്ട് ൂദ് തീർച്ചയായും നിന്നെ നാം ഭൂമിയിൽ ഒരു പ്രതിനിധിയാക്കിയിരിക്കുന്നു ആകയാൽ ജനങ്ങൾക്കിടയിൽ ന്യായപ്രകാരം നീ വിധി കൽപ്പിക്കുക തന്നിഷ്ടത്തെ നീ പിന്തുടർന്നു പോകരുത് കാരണം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിന്നെ തെറ്റിച്ചുകളയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവരാരോ അവർക്ക് തന്നെയാകുന്നു കഠിനമായ ശിക്ഷയുള്ളത് കണക്കുനോക്കുന്ന ദിവസത്തെ അവർ മറന്നുകളഞ്ഞതിൻ്റെ ഫലമത്രേ അത് ആകാശവും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും നാം നിരർഥകമായി സൃഷ്ടിച്ചതല്ല സത്യനിഷേധികളുടെ ധാരണയത്രേ അത് ആകയാൽ സത്യനിഷേധികൾക്ക് നരകശിക്ഷയാൽ മഹാനാശം അതല്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കുമോ അതല്ല ധർമ്മനിഷ്ഠ പാലിക്കുന്നവരെ ദുഷ്ടന്മാരെ പോലെ നാം ആക്കുമോ നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമത്രേ ഇത് ഇതിലെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിനും ബുദ്ധിമാന്മാർ ഉത്ബുദ്ധരാകേണ്ടതിനും വേണ്ടി വളരെ നല്ല ദാസൻ തീർച്ചയായും അദ്ദേഹം അള്ളാഹുവിങ്കിലേക്ക് ഏറ്റവും അധികം ഖേദിച്ചു മടങ്ങുന്നവനാകുന്നു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 അപ്പോൾ അദ്ദേഹത്തിന് കാറ്റിനെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം ലക്ഷ്യമാക്കിയടത്തേക്ക് സൗമ്യമായ നിലയിൽ അത് സഞ്ചരിക്കുന്നു എല്ലാ കെട്ടിട നിർമ്മാണ വിദഗ്ധരും ൽ വിദഗ്ധരുമായ പിളെയും അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട മറ്റു ചില പിശാജുക്കളെയും അധീനപ്പെടുത്തി കൊടുത്തു ഇത് നമ്മുടെ ദാനമാകുന്നു ആകയാൽ നീ ഔദാര്യം ചെയ്യുകയോ കൈവശം വെച്ചുകൊള്ളുകയോ ചെയ്യുക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 നമ്മുടെ ദാസനായ അയ്യൂബിനെ ഓർമ്മിക്കുക പിശാജനിക്ക് അവശതയും പീടനവും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തന്റെ രക്ഷിതാവിനെ വിളിച്ച് അദ്ദേഹം പറഞ്ഞ സന്ദർഭം നാം നിർദ്ദേശിച്ചു നിന്റെ കാലുകൊണ്ട് നീ ചവിട്ടുക ഇതാ തണുത്ത സ്നാനജലവും കുടിനീരും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 നിഷ്കളങ്കമായ ഒരു വിചാരം കൊണ്ട് നാം അവരെ പരലോക പരലോകസ്മരണയത്രേ അത് തീർച്ചയായും അവർ നമ്മുടെ അടുക്കൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തമന്മാരിൽപ്പെട്ടവരാകുന്നു واذكر اسماعيل واليسع وذل كف وكل من الاخيار اسماعيل اليسع ذل كفل اني وريم اوركगा அவ எல்லாரும் உத்தமமரில் பெற்றவராகுது هذا ذكر وان للمتقين لحسنا مآب இத ஒரு உல்போதனமத்ரை തീർച്ചയായും സൂക്ഷ്മതയുള്ളവർക്ക് മടങ്ങിച്ചെല്ലാൻ ഉത്തമമായ സ്ഥാനമുണ്ട് അവർക്കു വേണ്ടി കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുള്ള സ്ഥിരവാസത്തിന്റെ സ്വർഗത്തോപ്പുകൾ അവർ അവിടെ ചാരി ഇരുന്നു വിശ്രമിച്ചുകൊണ്ട് സമൃദ്ധമായുള്ള ഫലവർഗങ്ങൾക്കും പാനീയത്തിനും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അവരുടെ അടുത്ത് ദൃഷ്ടി നിയന്ത്രിക്കുന്ന സമവയസ്കരായ സ്ത്രീകളുണ്ടായിരിക്കും ഇതത്രെ വിചാരണയുടെ ദിവസത്തേക്ക് നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെടുന്നത് തീർച്ചയായും ഇത് നാം നൽകുന്ന ഉപജീവനമാകുന്നു അത് തീർന്നുപോകുന്നതല്ല ഇതത്രെ അവരുടെ അവസ്ഥ തീർച്ചയായും ധിക്കാരികൾക്ക് മടങ്ങിച്ചെല്ലാൻ മോശപ്പെട്ട സ്ഥാനമാണുള്ളത് നരകമത്രേ അത് അവരതിൽ കത്തിയെരിയും അതെത്ര മോശമായ വിശ്രമസ്ഥാനം ഇതാണ് അവർക്കുള്ളത് ആകയാൽ അവരത് ആസ്വദിച്ചുകൊള്ളട്ടെ കൊടും ചൂടുള്ള വെള്ളവുംടും തണുപ്പുള്ള വെള്ളവും ഇത്തരത്തിൽപ്പെട്ട മറ്റു പല ഇനം ശിക്ഷകളും രകത്തിൽ ആദ്യമെത്തിയവരോട് അള്ളാഹു പറയും ഇതാ ഒരു കൂട്ടം നിങ്ങളോടൊപ്പം തള്ളിക്കയറി വരുന്നു അപ്പോൾ അവർ പറയും അവർക്ക് സ്വാഗതമില്ല തീർച്ചയായും അവർ നരകത്തിൽ കത്തി എരിയുന്നവരെത്രുമോ ആ കടന്നുവരുന്നവർ പറയും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 ശിക്ഷർദ്ധിപ്പിച്ചു കൊടുക്കണമേ അവർ പറയും നമുക്കെന്തു പറ്റി ദുർജനങ്ങളിൽ പെട്ടവരായി നാം ഗണിച്ചിരുന്ന പല ആളുകളെയും നാം കാണുന്നില്ലല്ലോ നാം അവരെ അബദ്ധത്തിൽ പരിഹാസപാത്രമാക്കിയതാണോ അതല്ല അവരെയും വിട്ട് കണ്ണുകൾ തെന്നിപ്പോയതാണോ നരകവാസികൾ തമ്മിലുള്ള വഴക്ക് തീർച്ചയായും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് െ പറയുക ഞാനൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് ഏകനും സർവാധിപതിയുമായ അള്ളാഹുവല്ലാതെ യാതൊരു ദൈവവുമില്ല ആകാശങ്ങളുടെയും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 قال ربك للملائكه اني خالق بشرا من طين നിൻ്റെ രക്ഷിതാവ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം തീർച്ചയായും ഞാൻ കളിമണ്ണിൽ നിന്നും ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ് فاذا سويتوه ونفخت فيه من روحي فقعوا له ساجدين അങ്ങനെ ഞാൻ അവനെ സംവിധാനിക്കുകയും അവനിൽ എന്റെ ആത്മാവിൽ നിന്ന് ഞാൻ ഊതുകയും ചെയ്താൽ നിങ്ങൾ അവന് പ്രണാമം ചെയ്യുന്നവരായി വീഴണം അപ്പോൾ മലക്കുകൾ എല്ലാവരും ഒന്നടങ്കം പ്രണാമം ചെയ്തു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 അതല്ല നീ പൊങ്ങച്ചക്കാരുടെ കൂട്ടത്തിൽ പെട്ടിരിക്കുകയാണോ ഇബ്ലീസ് പറഞ്ഞു ഞാൻ മനുഷ്യനേക്കാൾ ഉത്തമനാകുന്നു എന്നെ നീ അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ചു അവന നീ കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ചു അള്ളാഹു പറഞ്ഞു എന്നാൽ നീ ഇവിടെ നിന്ന് പുറത്തു പോകണം തീർച്ചയായും നീ ആട്ടിയകറ്റപ്പെട്ടവനാകുന്നു തീർച്ചയായും ന്യായവിധിയുടെ നാൾ വരെയും നിന്റെ മേൽ ശാപം ഉണ്ടായിരിക്കുന്നതാണ് ഇബിലീസ് പറഞ്ഞു എന്റെ രക്ഷിതാവെ എന്നാൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ നീ എനിക്ക് അവധി അനുവദിച്ചു തരേണമേ അള്ളാഹു പറഞ്ഞു എന്നാൽ നീ അവധി അനുവദിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെയാകുന്നു നിശ്ചിതമായ ആ സമയം സമാഗതമാകുന്ന ദിവസം വരെ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 നിന്നെയും അവരിൽ നിന്ന് നിന്നെ പിന്തുടർന്ന മുഴുവൻ പേരെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യും നബിയേ പറയുക ഇതിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല ഞാൻ കൃത്രിമം കെട്ടിച്ചമയ്ക്കുന്നവരുടെ കൂട്ടത്തിലുമല്ല ഇത് ലോകർക്കുള്ള ഒരു ഉദ്ബോധനം മാത്രമാകുന്നു ഒരു കാലയളവിനു ശേഷം ഇതിലെ വൃത്താന്തം നിങ്ങൾക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും